മനോഭാവത്തെക്കുറിച്ചാണ് നാം ഇന്ന് കേട്ടുകൊണ്ടിരുന്നത് നമ്മൾ ആദ്യം ജോജിബദ് ചിന്തിച്ചത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നാം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം അദ്ദേഹം ഇന്ന് നമ്മെ ഓർപ്പിക്കുകയായിരുന്നു രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം നമ്മൾ പല ആവൃത്തി അത് കേട്ടു അത് പഴയ നീം സോളമൻ പണത ആലയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്ന് അതേ തുടർന്ന് ദൈവ ആ വ്യക്തിപരമായിട്ട് സോളമനോട് സംസാരിച്ച ഒരു കാര്യമാണ് ഈ ഒരു വാഗ്ദത്വമായിട്ടാണ് നാം ഇതിനെ കാണുന്നത് പക്ഷേ ആ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ആ വാഗ്ദത്വത്തിൻ്റെ രണ്ടാം ഭാഗം കഥാവ് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ കുർബാംഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും എന്ന് പറഞ്ഞതിനെ തുടർന്ന് ദൈവം ഒരു കാര്യം സോളമനെ ഓർപ്പിക്കുന്നുണ്ട് ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും അവിടെ നോക്കുക അവിടെ ആലയത്തിനാണ് ഒരു ഊന്നല ദൈവം കൊടുക്കുന്നത് ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു മനോഭാവം അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ വേണ്ട പ്രാരംഭമായിട്ട് വേണ്ട ആ താഴ്മയും ആ അന്വേഷണ ദാഹവും അല്ലെങ്കിൽ ആവശ്യബോധവും ഒക്കെ പറഞ്ഞതിനെ തുടർന്ന് അത് കഴിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യം ഈ ആലയത്തിൽ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് താഴെ പതിനെട്ടാം വാക്യം പതിനാറാം വാക്യം ഇങ്ങനെ പറയുന്നു എൻ്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാനിപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശദീകരിച്ചിരിക്കുന്നു എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെയിരിക്കും ഇവിടെയിരിക്കും നമുക്ക് അവിടെ ഒരു ഒരു സ്ഥലത്തിനാണ് ഒരു ആലയത്തിനാണ് കത്താവ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഊന്നൽ കൊടുത്താണ് സംസാരിക്കുന്ന ദൈവം ഇവിടെ ഇന്ന് നമുക്കറിയാം ഇന്ന് ആലയമില്ല ആലയം അക്ഷരാർത്ഥത്തിലുള്ള ആലയമല്ല മറിച്ച് ഇന്ന് കുറേ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദാനമായി നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മളൊരു അപ്പോൾ നോക്കാം ഈ ഒരു നമ്മൾ കേട്ടത് നമ്മുടെ മനോഭാവം എന്താണ് ഞാനിങ്ങനെ ജൂലിയസ് സീസറിനെ കുറിച്ചൊരു കഥ വായിച്ചിട്ടുണ്ട് എഴുപത്തഞ്ച് ബി സിയിൽ അദ്ദേഹത്തെ ഒരു കൂട്ടം കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയതായ ഒരു കാര്യമാണ് തട്ടിക്കൊണ്ടുപോയി അവർ റാൻസം ഒരു അതിനൊരു എന്താ പറയുക വീണ്ടെടുപ്പ് വില കൊടുക്കണം വീണ്ടെടുത്ത് അദ്ദേഹത്തെ രക്ഷിക്കണമെങ്കിൽ എന്ന് ഉള്ളൊരു വ്യവസ്ഥയിൽ അവർ കാത്തിരിക്കുമ്പോൾ തനിക്കൊരു രക്ഷമാണ് തനിക്കിതിൽ നിന്നൊരു വിമോചനമാണ് താൻ റോമാ അതേസമയം താൻ തട്ടിക്കൊണ്ടു പോകപ്പെട്ടു താൻ പക്ഷേ ഈ ജൂലിയസ് സീസർ ഈ തട്ടിക്കൊണ്ടുപോയതോട് ചോദിച്ചു നിങ്ങൾ എത്രയാണ് എത്രയാണ് എന്നിൽ നിന്നും റാൻസമായിട്ട് പ്രതീക്ഷിക്കുന്നത് എന്നെ വിടേണ്ടതിനായിട്ട് എത്രയാണ് പ്രതീക്ഷിക്കുന്നത് അവർ പറഞ്ഞു ഇരുപത് താലന്തു വെള്ളി വേണം ഇരുപത് താലന്തു വെള്ളി അദ്ദേഹം പറഞ്ഞു ഇത് നിങ്ങളെന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് മഹാനായ റോമ ചക്രവർത്തി ഇരുപത് താലന്തു വെള്ളി എന്ന് പറഞ്ഞാൽ ഏകദേശം നാല് കോടി രൂപ ഇന്നത്തെ നിലയിൽ മൂല്യം മാത്രമാണോ നിങ്ങൾ കണ്ടത് ഞാനൊരാവശ്യക്കാരുണ്ട് പക്ഷേ നിങ്ങൾ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ പതിനഞ്ച് കോടി രൂപയെങ്കിലും വിലയിട് നമുക്ക് തൻ്റെ താനൊരു ആവശ്യത്തിലാണ് താനൊരു നിസ്സഹായാവസ്ഥയിലാണ് തനിക്ക് രക്ഷ വേണം അപ്പോൾ തന്നെ താൻ തനിക്ക് വിലയിട്ടിരിക്കുന്നത് തുച്ഛമായി അവർ വിലയിട്ടിരിക്കുന്ന തുച്ഛമാണെന്നൊരു തോന്നൽ പ്രിയപ്പെട്ടവരെ ഒരളവിൽ പലപ്പോഴും നാം ഇങ്ങനെയൊക്കെയാണോ നാം തന്നെ നമുക്കൊരു വിലയിട്ട് നമ്മുടേതായ ആത്മീയ നിലവാരത്തെയോ അല്ലെങ്കിൽ ആ നിലയിലൊക്കെ നമ്മളൊരു ഉന്നതമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണോ നാം തുടങ്ങുക അവിടെയും നമുക്ക് താജ്മഹയ്ക്ക് നിസ്സഹായനാണ് പലപ്പോഴും ഇദ്ദേഹവും നിസ്സഹായനാണ് ഇദ്ദേഹം ബന്ധനത്തിലാണ് അവിടെയും ഒരു താജ്മഹയമാണ് ഞാൻ അല്ലെങ്കിൽ മുറിപ്പെട്ട് പോകുന്നവരെ പറ്റിയൊക്കെ നമ്മൾ കേട്ടു അല്ലേ നാമും മുറിപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ നാം അറിയണം നാമും നാമും ഇങ്ങനെയുള്ളൊരു ഉന്നതമായ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നാം ദൈവത്തെ അന്വേഷിക്കുന്ന അവിടെ നിന്നാണ് ലഭിക്കുന്നൊരു താഴ്ചയുടെ നിറവിലാണ് നാം നിൽക്കുക നാം വഞ്ചിക്കപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ കഥ എന്നോട് സംസാരിച്ചത് പ്രിയപ്പെട്ട ഒരു ലൂക്കാട്സ് വിശേഷം പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ കേട്ടപ്പോഴും ആ വിധേയയെക്കുറിച്ച് കേട്ടു അവിടെ നാം ധാരാളം കേട്ടതുകൊണ്ട് ഇനിയും അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമുണ്ടായിട്ടില്ല എങ്കിൽ ഒരു കാര്യം മാത്രം ആ ഉപമ്മ പറഞ്ഞ ശേഷം കത്താവ് എന്തിലേക്കാണ് വന്നത് വിടെ ഈ ഉപമയ്ക്ക് ഉപമയിലെ ഈ വിധവയായ ഈ പാവം സ്ത്രീ അവർക്ക് ഈ ന്യായാധിപനെ പറ്റി കൂടുതലൊന്നും അറിഞ്ഞുകൂടാ ന്യായാധിപനെക്കുറിച്ച് അയാളുടെ തനി സ്വഭാവം ഇതാണ് എന്നൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല അവർക്കൊന്നും മാത്രം അറിഞ്ഞെങ്കിലും അറിഞ്ഞില്ലെങ്കിലും അവർക്കൊന്നറിയാമായിരുന്നു എന്താണ് ഈ ന്യായാധിപൻ്റെ അടുത്ത് പോയാൽ ഇയാൾക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂ ന്യായാധിപനെ തന്നെ സഹായിക്കാൻ പറ്റും അതുകൊണ്ടാണ് മടുത്തു പോകാതെ ന്യായാധിപൻ്റെ ആ നിലയിലുള്ള കാര്യങ്ങളെപ്പറ്റിയൊന്നും ഒരു ബോധേടായിരുന്നില്ലാത്തവൻ നോക്കുക ഒരു പൂർണ്ണമായ വിശ്വാസം ഇയാൾക്കെൻ്റെ എനിക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കിത്തരാൻ പറ്റും ഇയാൾക്കെന്നെ രക്ഷിക്കാൻ പറ്റും എൻ്റെ പാപ സ്വഭാവത്തിൽ നിന്ന് എന്നെ വിടുവിക്കാൻ പറ്റുന്നവനായ ഒരുവൻ നോക്കുക അവിടെ തൻ്റെ ആ വിശ്വാസത്തെയാണ് കത്താവ് എട്ടാം പറയുന്നു ഇത് ഒരു പ്രതിക്രിയ ചെയ്ത് നടത്തി രക്ഷിക്കുമെന്ന് വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതിനു മുമ്പ് കർത്താവ് ഒരു കാര്യം പറയുന്നു ഏഴാം വാക്യത്തിൽ ദൈവമോ ദൈവമോ അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രമല്ല ഈ ന്യായാധിപൻ അല്ലെങ്കിൽ ദൈവത്തെ അല്ല ആ യഥാർത്ഥ സ്വഭാവത്തെ അല്ല ഈ ന്യായാധിപൻ പ്രതിനിധീകരിക്കുമെന്ന് നമുക്ക് കേട്ടു അതുതന്നെയാണ് കർത്താവും പറയുന്നത് ദൈവമോ നൗ ഇനി ദൈവത്തിൻ്റെ കാര്യം ദൈവമോ ദൈവം ഈ പറഞ്ഞ അല്ല ഈ പറഞ്ഞപ്പോൾ ന്യായാധിപനല്ല അപ്പോൾ ദൈവമോ എന്നാണ് ഏഴാം വാക്യം തുടങ്ങുന്നത് അവിടെ എട്ടാം വാക്യം വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങൾ പറയുന്നു എന്നിട്ട് പറയുന്നു എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോട് അവിടെ ആ ആ അവിശ്വാസത്തിലാണ് കത്താവ കാര്യങ്ങൾ കൊണ്ടുവച്ചത് ദൈവത്തെ ഒരു അനാഥയെ പോലെ ആയിരിക്കുക എന്ന് മാത്രമല്ല നിസ്സഹായതയും നമ്മൾ തുടരുമ്പോഴും നമുക്ക് ദൈവത്തെ വിശ്വസിക്കാതിരിക്കാനുള്ള സാധ്യതയും നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മളെന്നും നിസ്സഹായരാണ് എന്നും നിസ്സഹായരാണ് എന്നും ഓ ദുഖിച്ചും കരഞ്ഞും സ്വന്തം വീക്ഷയെക്കുറിച്ച് പരിതപിച്ചും ഒക്കെ പോകുമ്പോഴും എനിക്ക് കർത്താവിനെ വിശ്വസിക്കാതെ ദൈവം വച്ചിരിക്കുന്ന ഈ വിടുതൽ പ്രാപിക്കാതെ പോകുവാനുള്ളൊരു അപകടവും ദൈവം നമ്മൾ പറയുക കർത്താവ് പറയുക ഭൂമിയിൽ ഞാൻ വരുമ്പോൾ ഈ നിലയിലായിരിക്കുമോ നിങ്ങൾ ഞാനും ഈ നാടുകൾ കൂടുതൽ കർത്താവിനെ ഈ നിലയിൽ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല കത്താവ് പ്രാർത്ഥിച്ച പോലെ പിതാവേ അങ്ങേക്കെല്ലാം സാധ്യം എന്ന് കത്താവിനെ നോക്കി നമുക്ക് പറയാം ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസവും നമുക്ക് ഈ മനോഭാവത്തോടെ താജ്മഹയുടെ ഈ മനോഭാവത്തോടെ ആലയം കർത്താവിന് പ്രസക്തമാണ് നമ്മുടെ ഹൃദയമാണ് കർത്താവ് വസിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം ആ ഈ ഹൃദയത്തിൻ്റെ യഥാർത്ഥമായ നിലവാരം കർത്താവ് വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കും എന്നറിഞ്ഞ് സത്യസന്ധതയോടെ നമുക്ക് കർത്താവിൻ്റെ അഥിക്ക് ചെന്ന് പറയാം കത്താവേ ഞങ്ങളുടെ എല്ലാ മുൻധാരണകളും ഞങ്ങളെ പറ്റിയുള്ള പറ്റി തന്നെയുള്ള മുൻധാരണകളെല്ലാം നീക്കി യഥാർത്ഥമായൊരു വിധവയുടെ മനോഭാവത്തോടെ യഥാർത്ഥമായ കത്താവേ ആ ഒരു നിസ്സാരതയുടെ മുമ്പിൽ നിന്ന് Ang ngayon mo kami, Nershikans, ay ka namin, ganda mo kumparean. Diba namin, saay ka tayo.